അവരും അവരുടെ ജനതയും അള്ളാഹു സുബാനഹു വഹായാലയ്ക്കു പകരം സൂര്യന് സാഷ്ടാങ്കം പ്രണമിക്കുന്നത് ഞാൻ കണ്ടു പിശാജ് അവരുടെ കർമ്മങ്ങളെ അവർക്ക് ഭംഗിയുള്ളതാക്കി കാണിച്ചു അങ്ങനെ അവൻ അവരെ നേർവഴിയിൽ നിന്ന് തടഞ്ഞു അതിനാൽ അവർ സന്മാർഗത്തിലല്ല